നിത്യ ജീവനെ നാം പറ്റിക്കൊള്ളക്ക് അത്യാവശ്യമായ കാര്യങ്ങളെ നാം ധ്യാനിച്ച് കൊണ്ടിരിക്കണം നിത്യജീവനെ മുറുകെ പിടിക്കുവാനായി ആവശ്യമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാവ്യാനോരുടെ അഭിഷേകത്തെ നാം ധ്യാനിത്തിരിക്കണോ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറവ് ആവശ്യകതയെക്കുറിച്ച് നാം ചിന്തിച്ചു പരിശുത്താവരുടെ വല്ലാതെ പക്ഷത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ നമുക്ക് ക്രൂശ് എടുത്ത് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല ആണ്ടവർ തമ്മുടെ ശിഷ്യനുക്ക് വാർത്തയും അനുദിനമോ നാം സിലുവ എടുക്കുന്ന കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ വാക്ക് ഓരോ നാളും തൻ്റെ ക്രൂശെടുത്ത് നിന്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം അതെ ആണ്ടവർ തരുടെ നാസ്രേത്തൂരുടെ മുപ്പത് വരുടെ ജീവിതത്തിൽ അവരുടെ വാഴയിൽ സിലുവയില്ലാതെ നാളേ ഇല്ലേ നസ്രേത്തിൽ യേശുക്രിസ്തു ജീവിച്ച ആ മുപ്പത് വർഷ കാലം ശ്രൂഷയ്ക്ക് മുമ്പ് മുമ്പും അതിനുശേഷവും ക്രൂശെടുക്കാത്ത ഒരു നാളും യേശുവിൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു ബൈബിളിൽ അവരെ കുറച്ച് ഒരു കാര്യം താൻ ലുക്കാൽ രണ്ടാമത് അധികാരത്തിൽ നാം വാസിക്കോം അവരുടെ പന്ത്രണ്ടാവ് ഒരു കാര്യം എക്കുന്നത് ലൂക്കോസ് എഴുതിയ ശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ച് ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു നാം അന്ന കാര്യത്തെ നാം ധ്യാനിപ്പം ആ കാര്യം നമുക്ക് ചിന്തിക്കാം അവരുടെ നാസ്രത്തോരുടെ മുപ്പത് വരുടെ വാഴയിൽ ഒരേ ഒരു സംഭവം മറ്റും ലൂക്ക പതിവ് പണി വയ്ത്തിരിക്കാർ ആ അധ്യായത്തിൽ നസ്രത്തിൽ ജീവിച്ച യേശു ക്രിസ്തുവിൻ്റെ ഒരു കാര്യം അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കും നാൽപ്പത്തി ഒന്നാം അവസാനത്തിൽ നാൽപ്പത്തി ഒന്നാം വാക്യം അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് അവരുടെ പസ്കാ പണ്ടിക അവർ എരുസലേം അവരുടെ തായ്താപ്പന്മാർ അവരെ കൊണ്ടാൽ സുവിശേഷം രണ്ടാം അധികാരം നാൽപ്പത്തി ഒന്നാം ആസനം ലൂക്കോസ് രണ്ടിൻ്റെ നാൽപ്പത്തി ഒന്ന് അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ട് തോറും പെസഹ പെരുന്നാളിന് എരുസലേമിലേക്ക് പോകും നാൽപ്പത്തി രണ്ടാം വാസനത്തിൽ അവർക്ക് വയസ് പന്ത്രണ്ട് എന്തെ വാസിക്കണം അവന് വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പോയി ഒരു സില വാർത്തകളെല്ലാം നാട്ടുകാണിക്കുകൾ നിങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ പണ്ടികാളന് പോയി എന്ന് അവിടെ വായിക്കുന്നുണ്ട് സഹ യാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും സോറി അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ ജീസസ് അങ്ങനെ പണ്ടിക ഈ പെസഹ പെരുന്നാളിനായി ജരുസലേമിലേക്ക് യേശുവിനെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നു അവർക്ക് ഏതെല്ലാം ഇമ്പോർട്ടൻറ്റാൻ അപ്പം തായത്തന്മാർക്ക് അമ്മയപ്പന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇവിടെ നമുക്ക് കാണാം പണ്ഡികാൾ ബലികൾ അവിടുത്തെ ബലികൾ റിലേഷൻസ് ബന്ധുക്കൾ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ ഇതെല്ലാം അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചോളം ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു എന്നാൽ വർഷത്തു മൂന്ന് തരവ് പോർഷത്തു മൂന്ന് തരവേ അവർ ജെരുസലേമർ മൂന്ന് പ്രാവശ്യം മെരുസലേമിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിത്ത് ഈ ബാഹ്യമായ കാര്യങ്ങളിൽ മുഴുവനും വ്യാപൃതരായിരുന്നു അവർ പണ്ടികാൾ ബലികൾ ബലികൾ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ റിലേഷൻസ് ബന്ധുക്കൾ ഇതിന് മത്തി ജീസസ് വിട്ടിട്ടാൽ ഇതിന്റെ മധ്യത്തിൽ അവർ യേശുവിനെ മറന്നു കളഞ്ഞു വിട്ടുകളഞ്ഞു വയസ്സാണ് അവർക്ക് പന്ത്രണ്ട് വയസ്സ് താക്ക് യേശുവിന് പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായം ആ പന്ത്രണ്ട് വയസ്സിൽ ഇല്ലെന്ന് ഇവിടെയാരും പന്ത്രണ്ട് വയസ്സുള്ളവർ ഇല്ല വയസ്സിലെന്ന് പണ്ടികള ജനങ്ങൾ പല ആയിരക്കണക്കാണ് ലക്ഷക്കണക്കാണ് ജനങ്ങൾ ജെരുസ്ലേമിലെ കൂടി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്കുന്ന വലിയൊരു ഉത്സവമാണ് അത് വന്ന് തായ് തകപ്പന്മാർ തൻ പൊറപ്പുള്ള ഒരു പന്ത്രണ്ട് വയസ്സ് പയന പരാമരിക്ക വേണ്ടിയത് പെറ്റോരുടെ കടമ ഈ പന്ത്രണ്ട് വയസ്സുള്ള ഈ മകനെ നോക്കേണ്ടത് മാതാപിതാക്കളുടെ ചുമതലയാണ് അവ മിസ് പണിയിട്ട ഈ മകനെ അവർ വിട്ടു പോയി അവങ്ങളെ നെച്ചുകിട്ടാ പയ്യ വന്ന് റിലേഷൻസ്പ ഫ്രണ്ട്സുകിട്ട് അവങ്ങളെ നെച്ചുകിട്ടാൽ അത് അവര് ചിന്തിക്കുകയാണ് അവൻ മകൻ ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഉണ്ടാവും ഉറവത്തിലും അറിമുണ്ടാവും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും കൂട്ടത്തിൽ ഇപ്പോൾ തിനാലേ മൂന്ന് കളിച്ചു വന്ന് പാക് അവരെ അവിടെ യേശുവിനെ കാണാഞ്ഞിട്ട് നാൽപ്പത്തി അഞ്ചാം വാക്യം മൂന്ന് നാളെ മൂന്ന് നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടക്കുന്നത് അരുമയ വാലിപ്പിള്ളേ ജീസക്ടർ നമ്മുടെ ഇവിടെ യേശുവിൻ്റെ സ്വഭാവം പ്രിയ ചെറുപ്പക്കാരെ നമുക്ക് ഇവിടെ കാണാം അവർ സ്ട്രെയിറ്റാ നേരെ എങ്ക പോയിട്ടു അത് ദേവാലയത്തിൽ പോയിട്ട് അവർ യേശു നേരെ ദേവാലയത്തിലേക്ക് പോയി എന്നാ മമ്മി എന്നെ വിട്ടിട്ട് പോയിട്ടാ ഡാഡിയും മമ്മിയും ഇപ്പൊ കാണുന്നില്ല അവരും പോയി എന്നു തരലേ ഇനിക്ക് എന്താണ് ചെയ്യേണ്ടത് അറിയില്ല ഇന്ന എക്സ്പോ ടൂ തൗസൻഡ് സെവൻറ്റീൻ അപകട പോലെ എക്സ്പോ പോക അന്ന് പെരുന്നാളിലും ഇന്നേക്ക് രണ്ടായിരത്തി പതിനേഴ് എക്സ്പോ എന്ന് പറയുന്നത് പോലെ ആ പെരുന്നാളിൽ വളരെയധികം എക്സിബിഷനും പലതരം കാണാനുള്ള കാഴ്ചകൾ പലതും പെരുന്നാളിന്റെ സമയത്തുണ്ടായിരിക്കും അവിടെ ചെന്ന് അവിടെ പോയി അത് നോക്കാം ആ ഊഞ്ഞാലും നോക്കാം ഇത് കാണാം ഇത് കാണാമെന്ന് പറഞ്ഞാൽ പോയി യേശു പോയി നോക്കിക്കൊണ്ടിരിക്കുകയല്ല ചെയ്തു യേശുവിന് അതിൽ താല്പര്യമില്ലായിരുന്നു പോക വീഗാലാൻഡിനാണോ അല്ലെങ്കിൽ വണ്ടറിലേക്കാണോ പോകേണ്ടത് ഫുൾക്കാ ഈ വാട്ടർ ഗെയിമിൽ മുഴുവനായിട്ട് പോയി കളിച്ചുകൊണ്ടിരിക്കാമോ ഇപ്പം ഇങ്ങനെ സമയം ചെലവഴിക്കുവാനായിട്ട് യേശു ആഗ്രഹിച്ചില്ല അങ്ങനെ പോട്ടാ അവിടെ എന്ത് വണ്ടറിലായിരുന്നുണ്ടായിരുന്നെന്ന് എനിക്ക് അറിയില്ല ആലയത്തിലേക്ക് പോയിട്ട് അവിടെ ചെന്നിരുന്നു നിശ്ചയം അങ്ങനെ അങ്ങ് ആശാര്യശാസ്ത്രീ ബോധാര്യ കേട്ടിപ്പാങ്ങ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ അവിടെ ഉണ്ടായിരുന്ന ന്യായശാസ്മാർ തീർച്ചയായും അവനോട് ചോദിച്ചിട്ടുണ്ടാവും കേട്ടിപ്പാ എന്താണ് പേര് ഇമാനുവേൽ ഇമാൻ്റെ ഫാദർ മദർ എന്തെ അങ്ങനെ മാതാപിതാക്കൾ എവിടെ നിന്നാണ് ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത് എവിടെയാണ് മാതാപിതാക്കൾ അവർക്ക് അത്ഭുതം തോന്നിക്കാണോ മൂന്ന് ദിവസം അവിടെ തങ്ങിയിരിക്കുന്നു അവിടെ തന്നെ താമസിക്കുന്നു ദേവാലയത്തിൽ അവർ സാപ്പാട് അവർ പടുത്തിയത്തിൽ യേശുവിന് അവർ ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും അവിടെ യേശു കിടന്നിട്ടുണ്ടാവും ഇതെല്ലാം മൂന്ന് നാടുകൾ കളിച്ച് തന്നെ പേരൻറ്റ്സ് പാത്താങ്ങ് മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷമാണ് മാതാപിതാക്കൾ ഇത് കാണുന്നത് അവർക്ക് ജീസസ് നാസ്രേത്തൂർ ദേവാലയത്തിൽക്ക ഒരു സാധാരണ വഴക്കമായ കാര്യം അവർക്ക് നസ്രേത്തിൽ ഉള്ള ദേവാലയത്തിൽ അവിടെ പോകുന്നത് യേശുവിനെ സംബന്ധിച്ചോളം ഒരു പരിചയമുള്ള കാര്യമാണ് അങ്ങനെ ചെയ്യുന്നതും പായ് എടുത്ത് വയ്ക്കുന്നതും ബൈബിൾ എടുത്ത് വയ്ക്കുന്നതും ഇതെല്ലാം അവരുടെ യൂഷ്വൽ അവരുടെ ഒരു കഥത് നസ്രിയത്തിലുള്ള ദേവാലയത്തിൽ പോകുന്നതും അവിടെ ജോലി ചെയ്യുന്നതും അവിടുത്തെ ബൈബിളിൽ എടുത്ത് വയ്ക്കും പായ എടുത്ത് വെക്കുന്നതും ഒക്കെ യേശുവിൻ്റെ അന്നത്തെ ഒരു പതിവ് സ്വഭാവമായിരുന്നു അവിടെ അവങ്ങ് പ്രിയമായിട്ടാങ്ങ് ഉള്ള ആചാര്യ ദേവാലയത്തിലുള്ള ബോധർ അവിടെ അവർ പാത്തു പ്രിയമായിട്ടാങ്ങ് അപ്പോൾ ഇവിടെ ദേവാലയത്തിൽ വന്നപ്പോഴും അവിടെ ഉണ്ടായിരുന്ന പുന്മാർക്ക് യേശുവിനെ കണ്ടപ്പോൾ താല്പര്യം ഒരു പന്ത്രണ്ട് വയസ്സ് ചിന്ന പയനുക്ക് ഇവഞ്ച വി ഒബീഡിയൻസ് അപ് ആശ്ചര്യപ്പെട്ട പന്ത്രണ്ട് വയസ്സുള്ള ഈ ഒരു മകന് അവന് എത്ര എത്ര അനുസരണമുണ്ട് അവർക്ക് അത്ഭുതം തോന്നിക്കാണും ഡിസ്കഷൻ പോയിട്ട് ആണ്ടോയ വസനത്തെ കുറിച്ച് കാര്യങ്ങളും പോയിട്ട് ദൈവ വചനത്തെ കുറിച്ച് പല തരത്തിലുള്ള ചർച്ചകളും അവക്കുന്നു ഇവർ പന്ത്രണ്ട് വയസ്സു പന്ത്രണ്ട് വയസ്സുള്ള യേശു അവർ ഒരു അന്യോന്യം സംസാരിക്കുന്നു ഒരു മുന് അത് മാറി അവർ അതായത് ആവേശമാ കുറക്കേൾ കേറും അപേപ്താണ് ഒരു സ്പ്രീറ്റ് അവർ ഇല്ല അവർ അവിടെ അങ്ങനെ സംസാരിക്കുമ്പോൾ യേശു അവിടെ ഇരുന്ന് എന്തെങ്കിലും അവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവിടെ അങ്ങനെയല്ല യേശു പെരുമാറിയത് രമ്പിളാ താഴ്മയോടെ ഒരു കാര്യത്തിക്ക് അങ്കിൾ അങ്ക ഇപ്പൊസ് ഇപ്പൊട്ടെ അപ്പം പന്ത്രണ്ട് വയസ്സ് പയ്യ അസ് അല്ലെ അങ്കിൾ അപേ വളരെ താഴ്മയോടെ അവർ സംസാരിക്കുമ്പോൾ അങ്കിൾ അവിടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടാവും അപേ അവാങ്ബേ അത് കേട്ടപ്പോ അവർക്ക് ഒരു അത്ഭുതം തോന്നി ഹേയ് ഉന്നോടെ വയസ്സെന്നിലൊന്ന് കോട്ട് പഠന വേർസേ നിന്റെ പ്രായം എത്രയാണ് നീ ഷ്യാവിൽ നിന്ന് വചനം ഉദ്ധരിക്കുന്നു അപേക്ക് ആയിട്ടാങ്ങേ അവർക്ക് അത്ഭുതം തോന്നി അവർ ഇവർ കേൾവി കേരള മാറി ഇതൊരു അഭിനയമല്ല മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം അവൻ ദേവാലയ ആദ്യം അവിടെ പറയുന്നു അവർ ദേവാലയത്തിൽ ഉപദേശാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവൻ്റെ ഉത്തരങ്ങളിലും വിസ്മയം തോന്നി അർമ്മയാണ് വാലിബ പിള്ളയെ ചാലഞ്ച്ക്കാരെ പന്ത്രണ്ട് വയസ്സുള്ള യേശു ക്രിസ്തു വിളിക്കുന്നു ജപാലയത്തിൽ പോയി പോയി അവരുടെയത്തിനുടേ ബോധകളുടെ വാങ്ങി പഠിച്ചു ദേവാലയത്തിൽ എത്ര പ്രാവശ്യം പോയി അവിടെയുള്ള പുരോഹിതന്മാരിൽ നിന്ന് ആ ചുരുൾ വാങ്ങി അവൻ വചനം വായിച്ചിട്ടുണ്ടാവും അവർ വീട്ടിലെ ബൈബിൾ കൂടുതലെ വീട്ടിൽ വേദ പുസ്തകം ഇല്ല ഗ്രാഹ്യം ഉണ്ടായിരുന്നു പന്ത്രണ്ടാം വയസ്സിലെ ഇതാണ് യേശുവിനെ കുറിച്ച് പന്ത്രണ്ടാം വയസ്സിൽ നാം വായിക്കുന്നത് അവരുടെ മൂന്ന് നാൾ കഴിഞ്ഞ് മാതാപിതാക്കൾ അകത്തേക്ക് വരുന്നത് അവരുടെ തായാർ അവരെ നോക്കി എന്തായിരിക്കണം ആ സമയത്ത് അമ്മ ചെയ്തിരുന്ന് മാതാവും പിതാവും എന്തായിരിക്കും െ വിട്ടും പോയി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അവനൊരു ചും തെറ്റിപ്പോയി ക്ഷമിക്കണം എന്ന് അവര് പറയുമായിരുന്നു ാണ് പറഞ്ഞ് സോറി മൈഡിയർസൺ മോനെ സോറി സോറി എന്ന് പറഞ്ഞിരിക്കണം അപേക്ക് ഒരു വോട്ട് പോട്ടിരിക്കാം അങ്ങനെയെങ്കിൽ നമുക്ക് മറിയക്ക് ഒരു വോട്ട് മറിയക്ക് നമുക്ക് കൊടുക്കാം ആ അപ്പൊ വന്ന ഉടനെന്താ ചോദിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിനേഴിലുള്ള നിങ്ങളിലുള്ള ഇടയിലുള്ള ജീസസ് ആയിരുന്നെങ്കിൽ എങ്ങനെ എന്താണ് ചോദിക്കുക ಯಾರು செஞ்ச தப்பு இது ஆರೆ ஆரே செய்தது தட்டானது யா वइसன்னா உங்க वइसன்னா என்னde பிராயமேதாங்களಾ ನಿಮ್ಮೆde பிராயமேதாங்களಾ ಯಾರು விட்டுட்டு போனா ആരാണ് എന്നೆ இവിടെ விட்டுட்டு പോയದು यार தப்பு உங்க தப்பு ಅದು ನಿಮ್ಮೆde ನಿಮ್ಮೆde ತட்டಲ್ಲ 얘는 வந்து ಕೇಳಿ கேக்குறீங்களா ಎನ್ನೆಂದ್ಬಿಟ್ಟು ಬಂದೆ ಅನ್ನೋಡನ್ನೋ ചോദിക്കുന്നു ವಾಯ್ ಪೊತ್ತುಂಗ ನೀವು ವಾಯ್ ಅಡಚು ಇರಿಕೆ ಅದಾ ಇನಿ ಕಿಲ್ಲಿ ಪುಲ್ಲಿಂಗ ಇಂದತೆ ನಮ್ಮೆde കുട്ടಿಕл ಇങ്ങനെಯಾರು ಜೀಸಸ್ ಅಡ್ ಇಲ್ಲೇ ഇപ്പി എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് മറിയ ചോദിച്ചു അപ്പൊ അങ്ങനെയാണ് ബൈബിളിൽ പഠിക്കുന്ന മകനെ ഏപി ചെയ്ത മകനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അലങ്കാരികമായി വായിച്ചാൽ ഇതിന്റെ അർത്ഥം മനസ്സിലാവുകയില്ല ഡാഡിത്തോട് തേനോ മകനെ ഞാനും ഡാഡിയും വളരെ ആകാംക്ഷയോട് നിന്നെ അന്വേഷിച്ചല്ലോ ഒരു എരിച്ചലോടെ ഒരു ഘാട്ടത്തോടെ എന്നെ തേടി എല്ലായിടത്തും അന്വേഷിച്ച് കണ്ടില്ല ഇപ്പോൾ ദേഷ്യത്തോടെയാണ് അവർ സംസാരിക്കുന്നത് ഇത് ഞങ്ങൾക്ക് അനുഭവം അത് എങ്ങൾക്ക് അനുഭവം ഇല്ല ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അനുഭവമുണ്ട് സ്കൂളിൽ ഒരു മുറേ പോയിരുന്നു മൈസൂർ ടൂർ പോയിരുന്നു സ്കൂളിൽ ഒരിക്കൽ മൈസൂരിലെ ടൂറിന് പോയി ഒരു മൂന്ന് ബസ് മൂന്ന് ബസ് ടൂർന് പോയിരിക്കും അറുപത് അമ്പത് എഴുപത് എൺപത് എല്ലാം ബസ്സിലും അമ്പതും അറുപതും അല്ലെ എഴുപതും കൂടുതൽ കുട്ടികൾ എല്ലാം കൊണ്ട് കൃഷ്ണ സാഗർ ഡേമില കൊണ്ടുപോയി കൃഷ്ണസാഗർ ഡേം കാണാനായിട്ട് എല്ലാവരും പോയി എക്കച്ച വളരെ ആൾക്കൂട്ടം അവിടെ ടീച്ചർസ് എല്ലാം കൂടെ പോയിട്ട് വന്നിട്ട് ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഇങ്ങനെ കുട്ടികളെ നോക്കിക്കൊണ്ട് പോവുകയാണ് ചില പസങ്ങൾ ചില കുട്ടികൾ എന്ത് ചെയ്തു അവർക്ക് ഈ പി ടോയ്സ് കളിപ്പാട്ടങ്ങൾ വാങ്ങാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അതിനിടയിലൂടെ പോയി സ്കിപ്പായിട്ടാണ് അങ്ങനെ അതിലൂടെ ഉഴന്ന് അവിടെ അപ്രത്യക്ഷമായി ഇപ്പൊ എല്ലാവരും വന്ന് എല്ലാം സേന്ധിപ്പത് കഴിഞ്ഞ് എല്ലാവരും തിരികെ വന്നു എല്ലാം അറ്റൻഡൻസ്കൂളില് മറുപടി വന്നോ എന്ന് ഞങ്ങൾ അറ്റൻഡൻസ് ഹാജർ നോക്കുന്നു അറ്റൻഡൻസ് ഞാൻ പറയുക അന്ന് ഒരു പയ്യനെ കാണുന്നില്ല അവന്റെ പേര് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സരഭോജി കാണും സാർ സരഭോജി മിസ്സിംഗ് സരഭോജിയെ കാണുന്നില്ല സരഭോജിയെ കാണുന്നില്ല എല്ലാവരും അന്വേഷിക്കുന്നു ടീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കുന്നു ടൈം ആയിക്കൊണ്ടിരിക്കുന്നു എവളോ മണി നരങ്ങളിൽ തേടി കിടക്കല എത്ര നേരം അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല എല്ലാം പദശ്ഠമായിട്ടവൻലാണ് എല്ലാവർക്കും ആകെ ആശങ്കയെ കടശീല ഒരു ഒരു ഒരു പി ടി ടീച്ചർ ഫിസിക്കൽ എജുക്കേഷൻ ടീച്ചർ അവൻ പാത്ത കൊണ്ടുപോയി പാത്ത എങ്കോ പാത്തുട്ട് അവസാനം ഒരു ഫിസിക്കൽ എജ്യകേഷൻ ടീച്ചർ എവിടെയോ സ്ഥലത്ത് നിന്ന് ഇവനെ കണ്ടെത്തി ഞങ്ങൾ അവിടെ ആകെ പേടിച്ചിരിക്കുന്ന നീ ഇവിടെ വാങ്ങി പിങ്ങിക്കൊണ്ടിരിക്കുകയാണോ നല്ല ഒരു അടി കൊടുത്ത് അവനെ പിടിച്ച് തൂക്കി കൊണ്ടുപോകുന്നു അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവര് എപ്പെടുന്നവർ മനസ്സിലാക്കാത്തവർ കവളപ്പെടുക അവർ ആകുലപ്പെടുന്നവർ പൊറപ്പെട്ടവർ ഉത്തരവാദിത്വം ഇല്ലാത്ത കീഴ്പോർ ഇങ്ങനെയുള്ള മാതാപിതാക്കളുടെ അടുത്ത് വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു ശബ്ദത്തോടെ ഇതിനെ അമേൻ പറയാൻ പറ്റില്ലേ അമേൻ ും കീഴ്പ്പോഴ്പെടുത്തു പറഞ്ഞു കീഴ്പ്പെട്ടേക്ക് രോമർക്ക് എടുത്തിന നിരുപം പതിമൂന്നാം അധികാരം തേർട്ടീൻ രോമാ ലേഖനം പതിമൂന്നാം അധ്യായംസ് തേർട്ടീൻ രോമാ ലേഖനം പതിമൂന്നാം അധ്യായം ഒന്നാം വാസനത്തിൽ വാസിക്കും ഒന്നാം വാസനം രണ്ടാം ആസനം ഒന്നാം വാക്യവും രണ്ടാം വാക്യം ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു ആകെയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറക്കുന്നു മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും നാളാംസനത്തില് നാലാം വാക്യം ായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത് ഊഴിക്കാരനായിട്ടാണ് അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കും നമുക്ക് അത്തനെയും പ്രിയമുള്ളവരെ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന എല്ലാ അധികാരങ്ങളും നമുക്ക് നന്മ ഉണ്ടാകുവാനായിട്ടാണ് നമ്മുടെ നമ്മുടെ മാതാപിതാക്കളായിരിക്കട്ടെ നമ്മുടെ അതാര്ടിയും കോർട്ടാ കോടതി പോലീസ് എല്ലാ അതാരീസും എല്ലാങ്ങളും നമുക്ക് നന്മ ഉണ്ടാകും നമുക്ക് നന്മ ഉണ്ടാകുവാനും അവർ ദേവ ഊഴിയും അവരെ കുറിച്ച് ഇവിടെ ദൈവ ശുശ്രൂഷക്കാർ എന്ന് വിവരിക്കുന്നു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അത് അധികാരം നർക്കിയില്ലാൽ ദുർക്രിയ ഭയങ്കരമായിട്ടു നിയമിക്കപ്പെട്ടവർ അവര് ഇപ്രകാരം നമ്മെ അവര് അവരെ ദൈവ ശുശ്രൂഷക്കാരാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫാർ എക്സാമ്പിൾ ഉദാഹരണത്തിന് എന്നിവരുടെ ഊഴിയനുഭവങ്ങളിൽ നമ്മൾ പാർട്ടതുകൊണ്ട് ഞാൻ എൻ്റെ സഭയിൽ ഇത്രയും വർഷത്തെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കണ്ട കാര്യമുണ്ട് യാറാരെല്ലാം വന്ന് ഒരു പുരുഷനുടേ അധികാരത്തിൽ ഇല്ലാമെ ഒരു ഒരു തകപ്പൻ അല്ലെങ്കിൽ ഒരു പുരുഷൻക ഒരു അധികാരം ഇല്ലാതെ പിടിക്ക് ഇരിക്കുമ്പിളുടെ നിലമയാണ് പാർട്ടിക്ക് ഒരു ഭർത്താവ് അല്ലെങ്കിൽ പിതാവ് അവരുടെ അധികാരത്തിൻ്റെ കീഴിൽ വളരാത്ത യുവതികളായ പെൺകുട്ടികളെ കുറിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അതാവത് ചില ഹസ്ബൻഡ്സ് സില മനവിമാർകളെ ഡെസർട്ട് പണിയിട്ട് ഡെസർട്ട് പണി പോകുന്ന സില പുരുഷ ഉണ്ട് അപ്പി പട്ട മനവിക്ക് കീഴിൽക്കുറത്തുന്ന പ്ലൈകൾ തായിട്ട് പിള്ളെ പാത്തേ ഞാന് ഭാര്യയെ ഉപേക്ഷിച്ച് പോയ ചില ആളുകളെ എനിക്കറിയാം അങ്ങനെയുള്ള കുടുംബങ്ങൾ ആ കുടുംബത്തിൽ അമ്മയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അമ്മയുടെ കീഴിൽ വളർന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ സില തകപ്പന്മാർ ഡ്രങ്കട്ട്സായിപ്പാങ്ങ അവരുടെ അതൊരു വീക്ക് പേസണാലിറ്റിയാൽപ്പാങ്ങ് അവർക്ക് കീഴാണ് ചില പിള്ളേ വാഴ് പിള്ള പാർത്ത് അതുപോലെ കുടികാര മദ്യപാന്മാരായ പിതാക്കന്മാർ അവരുടെ അവർ വളരെ വീക്കായിരിക്കുന്നു അവരൊരു കാര്യവും നോക്കുന്നില്ല അങ്ങനെയുള്ള വീട്ടിൽ മാതാവിൻ്റെ കീകൂടെ വളരുന്ന കുഞ്ഞുങ്ങൾ ഇത്മാതിരി പിളുകൾ എല്ലാവരുമേ അടൽസെൻസ് താണ്ടി എന്താ കല്ലൂരി പരുവം പോകാര്യങ്ങൾ വരുമ്പത് neri perindu vali perindu ponadnan paathirken anganeyulla palakuttigalum avrude avuna prayathil avare college lk poguna samayathu palepoolum avare tettaaya valiil pogunathu nan kandittund angella confusion enga avideyella confusion undavunnu nan kandittund or case en confusion and home l irukku aa veettil or kulappangalum ഒന്ന് ഒരു ഒന്നുകിൽ ആ വീട്ടിൽ ഒരു അധികാരമേ ഇല്ല അല്ലെങ്കിൽ ആ വീട്ടിലുള്ള അധികാരം വളരെ ബലഹീനമായ അധികാരമാണ് അത് മാറി ഇടങ്ങളിലെല്ലാം പ്ലൈ അങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം ഈ കുട്ടികൾ തെറ്റായ വഴിയിലേക്ക് പോകുന്നുള്ള ഒരു സാഹചര്യം അവിടെ എല്ലാം വണ്ടികളൊക്കെ ബ്ലോക്ക് ആയിരിക്കും ആറ് റോഡുകൾ വന്ന് സന്ദിക്കുന്ന ഒരു ക്രിറ്റിക്കലായ ഒരു ജംഗ്ഷൻ ജങ്ക്ുള്ളതാണ് ട്രാഫിക്കിൽ സിഗ്നൽസ് അവിടെ ട്രാഫിക്കിൽ ഉള്ള സിഗ്നൽസ് ഒന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ട്രാഫിക് പോലീസും നേരത്തിലും അവിടെ ഇല്ല എല്ലാം ഉള്ള എന്നു യാർന്നാലെ പോരാ പിന്നാലെ വറ എപ്പി എടുക്കുന്നത് ഒരേ സിക്കലാ ആരാണ് മുമ്പിൽ പോകേണ്ടത് ആരാണ് വരുന്നത് ആരാണ് വണ്ടി എടുക്കേണ്ടത് എല്ലാം ടോട്ടൽ മുഴുവൻ അവിടെ കുഴപ്പമാണ് യും ഒരു അവിടെ ആ സ്ഥലത്ത് ഒരു കുഴപ്പം ഉണ്ടാവുകയില്ലയോടൊക്കെ ഐഡെന്റിഫ് വില്യം ബൂത്ത് ഒരു വ്യക്തിയെ വളരെ കൃത്യതയോടെ അദ്ദേഹം മനസ്സിലാക്കും ഒരു വ്യക്തി അധികാരത്തിന്റെ കീഴിൽ അല്ലാത്ത ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തിയോട് മുഖത്ത് നോക്കി വില്യം ബൂത്ത് പറയുമായിരുന്നു നിങ്ങൾ ഒരു അധികാരത്തിന്റെ കീഴിലുള്ള ഒരു വ്യക്തി നിങ്ങൾ ഒരു അപകടകാരിയാണ് ില്ലെങ്കിൽ നാം അപകടകരമായ ഒരു സ്ഥലത്താണ് ഉള്ളത് ലോകൽ സഭയിലെ ഞങ്ങളുടെ ലോക്കൽ സഭയിൽ ഞാൻ ഇപ്രകാരം കാണിച്ചിട്ടുണ്ട് ഇതാവ കൊടയത് ആ സർ ഐ നൌ ഐ അതോറിറ്റി ഇപ്പോൾ ഞാൻ അധികാരത്തിൻ്റെ കീഴിലാണ് ചിലർ എന്നാൽ അപ്പികാരത്തെ വേണ്ടാൽ ചിലർ എന്താ ചെയ്യുന്നത് ഈ അധികാരം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഈ കൊടയെ തട്ടുന്നത് പോലെ തട്ടിക്കളയും ഇത് എപ്പോലും നാം അധികാരത്തെ നാം തളറമോ എപ്പോഴൊക്കെ നാം ഈ അധികാരത്തെ തട്ടുന്നുവോ അപ്പോലെ എക്സ്പോഷർ ആവണ അപ്പൊ ീറ്റും എപ്പോഴൊക്കെ ഞാൻ ഈ അധികാരത്തെ തട്ടി മാറ്റുന്നുവോ ഈ കുടയെ തട്ടി മാറ്റുന്നുവോ അപ്പോൾ ഞാൻ ഈ സൂര്യന്റെ ചൂടിനും മഴക്കുമൊക്കെ ഞാൻ എന്റെ തലയെ എന്നെ തന്നെ എക്സ്പോസ് ചെയ്യുകയാണ് ഞാൻ എന്നെ തുറന്നു വിടുകയാണ് ഇവിടെ അടിയിലെ സേഫ്റ്റി ഈ കൊടയ്ക്ക് കീഴിൽ ഈ അധികാരത്തിന്റെ കീഴിൽ നിൽക്കുന്നതാണ് സുരക്ഷിതം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾക്ക് നന്മ ചെയ്യുവാനായി ദൈവത്തിന്റെ ശുശ്രൂഷകരാണ് എന്ന് അവരെ കാണുക അവർക്ക് നന്ദി കരേറ്റുകൾ അധികാരം ഒരു അധികാരം എന്നാൽ അവർ ഉള്ള ആത്മത്തു നന്മപടിക്ക് ദേവ ഊഴിക്കാരും നിങ്ങളുടെ സഭയിൽ നിങ്ങൾക്ക് മേൽ ഉത്തരവാദിത്വമുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ആത്മാവിന് കണക്കുകൊടുക്കേണ്ടവരാണ് എന്നുള്ള ബോധ്യത്തിൽ അവർക്കായി നിങ്ങൾ ദൈവത്തിന് ഒന്ന് ദൈവം ഒരിക്കലും പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കുക അവികാരെ തള്ള തള്ളിനെ അവർ നീ അവർക്ക് അധികാരമായിരിക്കാതെ വണ്ണം അവർ നിന്നെ അല്ല തള്ളിയത് എന്നെയാണ് അവർ ത്യജിച്ചത് അപ്പൊ എപ്പാൻ അപ്പൊല്ല എപ്പോഴൊക്കെ ഞാൻ അധികാരത്തെ തള്ളി മാറ്റുന്നോ അപ്പോഴൊക്കെ ഞാൻ ദൈവത്തെയാണ് തള്ളി മാറ്റുന്നത് ും കീഴിൽ ഞാൻ ജീവിക്കട്ടെ അധികാരത്തെ ഞാൻ ഒരിക്കലും അധികാരത്തെ തള്ളി മാറ്റരുത് സൗൽവേലുടെ അതോറിറ്റിയെ തള്ളിട്ട്വലിന്റെ അധികാരത്തെ തള്ളി മാറ്റി കളഞ്ഞു ഓക്കെ ഒരു ഘട്ടം ഇനി രാജാവായിട്ട് കിങ് ആയിട്ട് ഇനിക്ക് ഇപ്പോൾ ഞാൻ രാജാവാണല്ലോ ഇനി എനിക്ക് അധികാരം ഒന്നും വേണ്ട ഈ കൊടെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ തള്ളിക്കള ഇസ്രായേൽ ജനങ്ങളും തള്ളിനേൽ ജനങ്ങളും എങ്ങനെ രാജാവാണ് അപ്പോഴൊക്കെ നാം ദൈവത്തെയാണ് തള്ളുന്നത് എന്ന് ഉള്ള ആ കാര്യം നമ്മുടെ ഹൃദയത്തിൽ ഞാനിവിടെ അവസാനമായി നിങ്ങൾ ഡിസ്കസ് ചെയ്ത ശ്രദ്ധിക്കുക മനതുരുപണിത്ത മുന്നിട്ട തകപ്പന അധ്യായം വായിക്കുമ്പോൾ എപ്പോഴും മനസ്സലിവോടെ ആർദ്രതയോടെ കെട്ടിപ്പിടിച്ച് ഓടി ചെല്ലുന്ന ആ പിതാവിനെ മാത്രമാണ് കാണാറുള്ളത് അത് ഒരു ചിത്രം മാത്രമാണ് ഇന്നൊരു ഫേസ് ആ പിതാവിന് മറ്റൊരു മുഖമുണ്ട് ദയവയും പാർ ദേവനുടേ കണ്ടിപ്പയും അസിക്കാം ദൈവത്തിന്റെ ദയെയും ദൈവത്തിന്റെ കണ്ടിതത്തെയും കാണുക എന്ന് നാം വായിക്കുന്നു അത് തകപ്പൻ കണ്ടിപ്പാണ് തകപ്പൻ നിങ്ങളുടെ ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയായിരിക്കരുത് ഉടപ്പൻ നിങ്ങളുടെ പിതാവ് സ്ട്രിക്റ്റ് ആയിട്ടും കർക്കശ്യത്തോട് കൂടെയും പെരുമാറുന്നവനായിരിക്കണം ഡാഡി കണ്ടിപ്പാടാ നീന്താതെ മൈൻഡില് എന്റെ ഡാഡി എന്നോട് ഒരിക്കലും കാർക്കശ്യത്തോട് പെരുമാറരുത് എന്നാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ അതിനെ നിങ്ങളുടെ ആ ചിന്തയെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തുടച്ചു മാറ്റുകൾ പിന്നാകളിലെ വരാതെ പിടിക്ക് ഉള്ള തകപ്പൻ ഇണ്ടെടികൾ കണ്ടിപ്പാന്നെ നെണ്ടിത്തങ്ങ നിങ്ങളുടെ ജീവിതത്തിന്റെ പിൽക്കാലങ്ങളിൽ പലതരത്തിലുള്ള കുഴപ്പങ്ങളിൽ നിങ്ങൾ പെടാതെ വണ്ണം ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളോട് കർക്കശ്യത്തോടു കൂടി പെരുമാറുന്നുവെങ്കിൽ അവർക്കായി നിങ്ങൾ ദൈവത്തിന് നന്ദി കരേറ്റുകൾക്കതിനാംയം എകപ്പൻ ഇവിടെ എത്ര കർക്കശ്യത്തോടുകൂടി കുമാരൻ മൂത്ത എതിരെ അവൻ ഉന്നയിക്കുന്ന വാദം ഇതാണ് സ്നേഹിതരോടെ നാ സന്തോഷമായിരിക്കുംപടി ഒരു കാലം ഒരു ടച്ച് ഫോൺ വാങ്ങി കൊടുക്കില്ലേ അതുകൊണ്ട് ോറും എന്നോട് ചോദിച്ചു ബ്രദർ എന്ന ഫോൺ ഒന്ന് വേണു കേക്ക് ബ്രദർ അപേർ ബ്രദർ എൻ്റെ മകൻ എന്നോട് ഒരു ഫോൺ വേണം ഫോൺ വേണം എന്ന് പറയുന്നു ഓക്കെ അവൻ കാളേജിൽ പഠിക്കുന്ന ഇന്നേ നാടുകളിൽ ഇക്കൂനികേഷനുക്ക് ദേവപെടുത്ത് ഒന്ന് ഇല്ലാത്തത് ഉങ്ങി കൊടുക്കേ അപ്പം ചെന്നേ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് കോളേജിൽ പഠിക്കുമ്പോൾ അവർക്ക് പല കംനികേഷൻസ് ചിലപ്പോൾ ഫോൺ വേണ്ടിവരും ഒരു ഫോൺ വാങ്ങിക്കൊടുത്തോളൂ എന്ന് പറഞ്ഞു നാ ഉടനെ വാങ്ങിത്തരേ ഇത് ബട്ടൻ ഫോൺ വാങ്ങി തരാൻ ബ്രദർ അപ്പ തകുക്ക് വാട്സപ്പിലെ സൈന സുനിതാ എന്ന തകതിക്ക് ബട്ടൺ ഫോൺ വാങ്ങി തരണം അപിന്നെ ഒരു വില്ലേജിലുള്ള ഒരു ബ്രദർ சொல்றார் அப்ப വില്ലേജിലുള്ള ഒരു സഹോദൻ പറയുന്നു ஏதால നിനക്ക് ഫോണാണല്ലോ വേണ്ടது എൻ്റെ കഴിയവിനനുസരിച്ച് ഞാൻ നിനക്ക് ഒരു ഒരു കീ ഉള്ള ഒരു ഫോൺ ഞാൻ നിനക്ക് வாங்கித் தரാം എന്ന് പറയുന്നു ആണ് അപ്പയ്യൻ என்ன சொல்றானா கேட்டா ஸ்மார்ட் போன் டச் ஃபோன் தான் வேணும்னு சொல்றான் பிரதர் ஏనাল എൻ്റെ மகன் പറയുന്നത് அவనికి டச் ஃபோன் ஸ்மார்ட் ஃபோன் തന്നെ വേണമെന്ന് പറയുന്നു ആ നിങ്ങൾ என்ன முடி பண்றீங்கเน എന്ത് ബ്രദർ എന്തോ ഞാൻ എന്താ ചെയ്യണ്ടത് ബ്രദർ ബന്ധ അവൻ സ്മാർട്ട് ടച്ച് ബ്രദർ അപ്പി അപ്പൊ സഹോദരൻ പറയുന്നു ബ്രദർ അവൻ എന്തോ ടച്ച് സ്മർട്ട് പറയുന്നു എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല അവൻ ടച്ച് പണ ഉലകത്തെയ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു അവൻ ഈ ടച്ച് ഫോൺ കൊടുത്ത് അവൻ ലോകത്തെ മുഴുവൻ ഇപ്പൊ തൊടാൻ പോകും അപ്പൊ അതുകൊണ്ട് സാധാരണ ഉള്ള ഈ ബട്ടൺ ഫോൺ ഒന്നും എനിക്ക് വേണ്ട വേണ്ട വേണ്ട എന്നാണ് അവൻ പറയുന്നത് അപ്പൊ ഉടനെ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കി പിന്നെ രണ്ടായിരം രൂപ നീ വെറുതെ நல்ல பிதாவ் பட்டன் ஃபோன் தான் வாங்கி கொடுத்தாரு பட்டன் ஃபோன் തന്നെയാണ് வாங்கி கொடுத்தது கண்டிப்பா இருக்கிற தகப்பன் கர்க்கசியதோடு கூட உள்ள பிதாவ் இதே இதே பிரச்சன தான் பெரிய இப்போ ரெண்டு பேர் இருக்காங்க ரெண்டு பேருமே ரெபல்லியஸ் fellows both of them in the லூக்கா 15 ல வரகூடி தானம் பெரியவனும் ஜெலி சின்னவனும் ஜெ ரெண்டு பேருமே ரெபல்லியஸ் fellows இവിടെ லூக்கா 15 ஆம் அத்தியாயத்துல உள்ள மூத்தவனும் இளையவனும் ரெண்டு பேரும் மல்சரிகளா டாடி கிட்ட வராங்க മൂത്താൾ വന്നിട്ട് മുഖം ഒക്കെ അവന്റെ മത്സരം പുറത്തു കാണുന്നില്ല പോ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വേണം എന്ന് പറഞ്ഞ് പോയി ദിവസം കഴിഞ്ഞപ്പോൾ ഊട്ടി പോയി <laughs> <clears throat> <clears throat> ണല്ലോ ഞാൻ ജയിച്ചത് എന്ന് പറഞ്ഞു പല്ലു അടിച്ച് മുറിച്ച് അവൻ പോകുന്നു പാളയങ്കോട്ടെ ഇത് പൂജപുര ജയിൽ പോലെയാണല്ലോ അങ്ങനെ അവൻ തിരിച്ചു പോയി അകത്ത് മത്സരി ആണ് എനിക്ക് ഊട്ടിയിലേക്ക് ടൂർ പോട്ടി പോ വീട്ടിൽ പോ അപേ ൂർ ഒന്നും വീട്ടിലേക്ക് പോകും ഊട്ടിയൊന്നും ഇല്ലേ ഞാൻ ഊട്ടി പോയിട്ട് വരാം നാല് ദിവസം കഴിഞ്ഞപ്പോ ഊട്ടി പോയിട്ട് തിരിച്ചു വരുന്നു അതാണ് ഇളയകുമാരൻ ചെറിയ ഇളയ മകൻ ഇപ്പതാ ഒരു ഫ്രണ്ട്സോടെ സേർന്ന് സന്തോഷമാക്കും പിടിക്ക് ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ല ഇങ്ങനെയുള്ള ചെറിയ ഇളയ മകൻ വളർന്ന് വളർന്ന് വളർന്ന് ഒരു ദിവസം എനിക്ക് എന്റെ ആസ്തി മുഴുവൻ വേണം എന്ന് പറഞ്ഞു പിതാവിനോട് വാങ്ങി അവൻ പോയി ഇവിടെ രണ്ടുപേരും അതിലെ മൂത്ത മകൻ അവൻ അകത്ത് ആന്തരികമായി എപ്പോഴും ഒരു മത്സരി ആയിരുന്നു അവൻ ഭാഗ്യമായി മത്സരിയായിരുന്നു ഇവനും സിലിവി എടുക്കല അവനും സിലിവി എടുക്കല രണ്ട് പേരും എടുക്കുക അരുമയാണ് വാഴ്പ്പിള്ളേപ്പക വീട്ടിലെ കുടുംബവാഴ് നമ്മൾ എല്ലാവർക്കും ആണ്ടവർ എന്ന വിപതത്തെ എന്റെ വീട്ടിലെ ജീവിത സാഹചര്യങ്ങളിൽ എപ്പോഴും എന്റെ സ്വന്തത്തെ ഞാൻ വേണ്ട എന്ന് വെക്കുന്നു യേശു ക്രിസ്തുവിന് എത്രയോ സ്വന്തമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്റെ ഹിതമല്ലേ അങ്ങയുടെ ഇഷ്ടം പിതാവേ അത് വർഷം മുപ്പത് വർഷവും നാസ്രിയത്തിലെ ആ ഗ്രാമത്തിൽ അങ്ങനെയാണ് ക്രൂശ് എടുത്തുകൊണ്ട് അവരുടെ യേശുവിന്റെ മാതാപിതാക്കളെ പ്രകാരമുള്ളവരായിരുന്നു എന്ന് നമ്മൾ നേരത്തെ ചിന്തിക്കുകയുണ്ടായി അപടിപ്പെട്ട പാര അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് കീഴെ അടങ്ങിയിരുന്ന യേശു ലൂക്ക പതിനഞ്ചിലാണ്ടിരിച്ച് കാണിച്ചാൽ ും അധികാരത്തിന് ഗണം കൊടുക്കുക അധികാരത്തോട് നാം മത്സരിക്കരുത്